അള്ളാഹുസുബഹാനഹുവച്ചായാലോടും അവൻറെ കഴിവിനപ്പുറം ബാധ്യതകൾ ചുമത്തുകയില്ല അവൻ സമ്പാദിച്ചത് അവന് ഗുണവും അവൻ അധ്വാനിച്ചതിന്റെ ദോഷം അവനു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ മറന്നുപോയാലോ തെറ്റു ചെയ്തു പോയാലോ നീ ഞങ്ങളെ പിടികൂടരുതേ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് മുൻപുള്ളവരുടെ നീ ചുമത്തിയ ഭാരം ഞങ്ങളുടെ ചുമത്തരുതേ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തത് ഞങ്ങളുടെ ചുമത്തരുതേ ഞങ്ങളോട് മാപ്പ് നൽകുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി അതിനാൽ സത്യനിഷേധികളായ ജനതയ്ക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ